അവർക്കു മുമ്പുള്ളവരും തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ തന്ത്രങ്ങളും അല്ലാഹു സുഹാനഹുവ ചാലാവിനാണ് ഓരോ ആത്മാവും സമ്പാദിക്കുന്നത് അവൻ അറിയുന്നു പരലോകത്തെ അഭയസ്ഥാനം ആർക്കാണെന്ന് സത്യനിഷേധികൾ വൈകാതെ അറിയും